വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ തങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതിയോടെ അതിൽ ശാശ്വതമായി വസിക്കുന്ന താഴെയായി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അവിടെ അവർക്ക് നൽകപ്പെടുന്ന അഭിവാദ്യം സലാമെന്നാണ്